അധ്യായം പതിനാല് സോർ രാജാവായ ഹീര ദാവീദിന്റെ അടുക്കൽ ദൂതന്മാരെയും അവന് ഒരു അരമന പണിയേണ്ടതിന് ദേവദാരുക്കളെയും കൽപ്പണിക്കാരെയും ആശാരിമാരെയും അയച്ചു യഹോവയുടെ ജനമായ ഇസ്രയേൽ നിമിത്തം തന്റെ രാജ്യത്വം ഉന്നതി പ്രാപിച്ചതിനാൽ തന്നെ യഹോവ ഇസ്രയേലിന് രാജാവായി സ്ഥിരപ്പെടുത്തി എന്ന് ദാവീദിന് മനസ്സിലായി ദാവീദ് യെരുസലേമിൽ വെച്ച് വേറെയും ഭാര്യമാരെ പരിഗ്രഹിച്ചു വളരെ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു യെരുസലേമിൽ വച്ച് അവനെ ജനിച്ച മക്കളുടെ പേരാവിത് ഷമ്മുവോഭാബ് നാഥാൻ ഷലോമോൻ ഇബാർ എലീശുവൽപേലഹ് നേഫ് യാഫിയ എലിഷാമ ബെല്യാദ എലിഫേല ദാവിദ് എല്ലാ ഇസ്രയേലിനും രാജാവായി അഭിഷേകം കഴിഞ്ഞു എന്ന് ഫിലിസ്തീർ കേട്ടപ്പോൾ ഫിലിസ്തീറൊക്കെയും ദാവിദിനെ പിടിപ്പാൻ ചെന്നു ദാവിദ് അത് കേട്ട് അവരുടെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞുപോയി ഫിലിസ്തീർ വന്ന് രഫായിം താഴ്വരയിൽ പരന്നു അപ്പോൾ ദാവീദ് ദൈവത്തോട് ഞാൻ ഫിലിസ്റ്റരുടെ നേരെ പുറപ്പെടണമോ അവരെ എന്റെ കൈയിൽ ഏൽപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു യഹോവ അവനോട് പുറപ്പെടുക ഞാൻ അവരെ നിന്റെ കൈയിൽ ഏൽപ്പിക്കും എന്നരുളി ചെയ്തു അങ്ങനെ അവർ ബാൽപരാസീമിൽ ചെന്നു അവിടെ വെച്ച് ദാവീദ് അവരെ തോൽപ്പിച്ചു വെള്ളച്ചാട്ടം പോലെ ദൈവമെന്റെ ശത്രുക്കളെ എന്റെ കൈയാൽ തകർത്തുകളഞ്ഞു എന്ന് ദാവീദ് പറഞ്ഞു അതുകൊണ്ട് ആ സ്ഥലത്തിന് ബാൽപരാസീം എന്ന പേർ പറഞ്ഞു വരുന്നു എന്നാൽ അവർ തങ്ങളുടെ ദേവന്മാരെ അവിടെ വിട്ടച്ച് പോയി അവയെ തീയിലിട്ട് ചുട്ടുകളവാൻ ദാവീദ് കൽപ്പിച്ചു ഫെലിസിയർ പിന്നെയും താഴ്വരയിൽ വന്ന് പരന്നു ദാവീദ് പിന്നെയും ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചപ്പോൾ ദൈവം അവനോട് അവരുടെ പിന്നാലെ ചെല്ലാതെ അവരെ വിട്ടു തിരിഞ്ഞ് ൃക്ഷങ്ങൾക്കെതിരെ അവരുടെ നേരെ ചെല്ലുക ബാഖാവൃക്ഷങ്ങളുടെ അഗ്രങ്ങളിൽ കൂടി അണിയണിയായി നടക്കുന്ന ഒച്ച കേട്ടാൽ നീ പടയ്ക്ക് പുറപ്പെടുക ഫിലിസ്തീനയുടെ സൈന്യത്തെ തോൽപ്പിപ്പാൻ ദൈവം നിനക്കു മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു എന്നരുളി ചെയ്തു ദൈവം കൽപ്പിച്ചതുപോലെ ദാവീദ് ചെയ്തു അവർ ഗിബയോൻ മുതൽ ഗസർ വരെ ഫിലിസ്തീ സൈന്യത്തെ തോൽപ്പിച്ചു ദാവീദിന്റെ കീർത്തി സകല ദേശങ്ങളിലും പരക്കെയും യഹോവ അവനെയുള്ള ഭയം സർവജാതികൾക്കും വരുത്തുകയും ചെയ്തു